ൃഷീന പ്രവരോ മന്ത്രി കൃഷ്ണ ദയിത സഖാ ശിഷ്യോ ബൃഹസ്പത്തെ സാക്ഷാ ഉദ്ധവോ ബുദ്ധിസത്തേം ഭനം കിത് ഗൃഹീറ്റ പാണി പാണി പ്രപന്നഹരോഹരി ഭഗവാൻ ഒരിക്കൽ തൻ്റെ പ്രിയതമ ഭക്തനായ ഉദ്ധവരെ തൻ്റെ അഴുക്കൽ വിളിച്ചു വൃന്ദാവനത്തിൽ നിന്നും മധുരാപുരിയിലേക്ക് വന്ന് അനേക ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോപസ്ത്രീകളോട് ഞാൻ നിങ്ങൾക്കായിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ നിത്യമായിട്ട് വസിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ നിത്യവാസം എന്താണ് എന്ന് അവർക്ക് കൊടുക്കണം ആ നിത്യവാസത്തിന് അവർക്ക് കൊടുക്കണം ഭക്തിസാധനയുടെ ഭാവം തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് എല്ലാവരും ഭക്തി ആരംഭിക്കുമ്പോ ഭഗവാനെ നമ്മളിൽ നിന്ന് അന്യമായി കണ്ടുകൊണ്ട് ഭഗവാനോട് പ്രിയം വയ്ക്കുന്നു ഏതെങ്കിലും ഭാവത്തിൽ വാത്സല്യഭാവം ദാസ്യഭാവം മധുരഭാവം ഏതെങ്കിലും ഭാവത്തിൽ ഭഗവാനോട് ഭക്തി ചെയ്യുന്നു ആ ഭക്തി തന്നെ വളരെ ഉയർന്ന തരത്തിൽ വിരഹം ഉണ്ടാവുന്നു വിരഹതാപം ഉണ്ടാകുന്നു ഭഗവാനെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന ആ വിരഹ സന്ദർഭത്തിൽ ഭഗവാൻ നമ്മളിൽ നിന്നും അന്യമായി മറിഞ്ഞു പോയി എന്നുള്ള ഭാവത്തിലാണ് ഈ വിരഹം ആ വിരഹ സന്ദർഭത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായി ഒരു സദ്ഗുരു സാന്നിധ്യം തരുന്നത് വരുകയും പോവുകയും ചെയ്യുന്നതൊക്കെ അനിത്യമാണ് എന്തിനൊക്കെ വരവുണ്ടോ അതിനൊക്കെ പോക്കുണ്ട് പോക്ക് വരവ് ഒരു സ്ഥിതി എപ്പോഴും നിത്യമായി നമുക്ക് ഭഗവാനെ ലഭിക്കണം നിത്യാനുഭവമായിട്ടിരിക്കണം ഭഗവാനോടുള്ള യോഗം നിത്യയോഗമായിട്ടിരിക്കണം അതിനെ ഉണർത്താനാണ് നമുക്ക് സത്സംഗം ഇവിടെ ഭഗവാൻ ഗോപസ്ത്രീകൾക്കൊരു സത്സംഗം കൊടുക്കണം എന്ന് തീരുമാനിച്ചു ഉദ്ധവർക്ക് ഗോപികകളുടെ പ്രേമഭാവത്തിനെ കണ്ട് ഉദ്ധവർക്കും ഒരു സത്സംഗം വേണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു ഭക്തന്മാരെയും ഭക്തന്മാരെയും ചേർത്തി വയ്ക്കുന്നത് സാധു സാധു സമാഗമ ഉദ്ധവർ ഉദ്ധവരെ ഭഗവാൻ തന്റെ അടുത്തുപിടിച്ചു ഉദ്ധവർ ആരാണ് ആദ്യത്തെ ഒരു ശ്ലോകം മാത്രം വായിച്ച് ചാടിക്കേറി ഉദ്ധവർക്ക് ചില വിശേഷങ്ങൾ ആളുകൾ കൊടുത്തുപോകും ബൃഹസ്പതിഹേ ശിഷ്യാ ബുദ്ധി സത്തമഹ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചില ആളുകൾ തീരുമാനിച്ചു ഉദ്ധവർക്ക് ഭക്തി ഇല്ല ബുദ്ധിയേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്തി പഠിപ്പിക്കാനായിട്ടാണ് ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയച്ചത് എന്നൊരു വ്യാഖ്യാനത്തിന് ഭാഗവതത്തിൽ യാതൊരു സമ്മതവും എന്താന്ന് വെച്ചാൽ അടുത്ത ശ്ലോകം നോക്കുക തമാഹ ഭഗവാൻ പ്രേഷ്ഠം പ്രേഷ്ഠം ഏറ്റവും അടുത്തവൻ എന്നർത്ഥം ഭക്തം ഏകാന്തിനം ഇനി ഇതിനു മേലെന്ത് വിശേഷണം വേണം പ്രേഷ്ഠം ഭക്തം ഏകാന്തിനം ഏകാന്ത ഭക്തനായ ഉദ്ധവരെ തന്റെ അടുക്കൽ വിളിച്ച് അഖണ്ഡാന സ്വാമി പറഞ്ഞു ഉദ്ധവരെ ഭഗവാൻ പാണിഗ്രഹണം ചെയ്തു ഗൃഹിത്വാ പാണിനാപാണിം ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയക്കല്ലേ അപ്പൊ ഗോപികളുടെ അടുത്തേക്ക് അയക്കുമ്പോ ഭഗവാൻ ഉദ്ധവരെ ആദ്യം പാണിഗ്രഹണം ചെയ്തു ഗൃഹിത്വ പാണിനാപാണിം പ്രപന്നാർത്ഥി ഹരോ ഹരി ഉദ്ധവരെ പാണിഗ്രഹണം ചെയ്തു എന്നാണ് കൈ പിടിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരുടെ വളരെ പ്രിയമായ വിഷയം അതും കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ പ്രിയമാണെങ്കിൽ എന്തു ആദ്യം അവരെ കൈ പിടിക്കും അല്ലെ എന്നെ കൈ പിടിച്ച് ഏകാന്തത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയും അതേപോലെ ഇവിടെ ഗുരുവായൂരപ്പൻ ഉദ്ധവരെ ആദ്യം പിടിച്ചു ഉദ്ധവരോട് പറഞ്ഞു ഹേ ഉദ്ധവ അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അങ്ങയോട് ഒരു സന്ദേശം തന്നയക്കാം വ്രജഭൂമിയിൽ ഗോപികകൾ എന്നെ വിട്ടുപിരിഞ്ഞു വിരഹ ദുഃഖത്തിലാണ് താ മന്മനസ്കാഹ മത്പ്രാണാഹ മതർത്തെ ത്യക്തദൈഹികാ മാമേവ ദൈതം പ്രേഷ്ഠം ആത്മാനം മനസാഗതാഹ അവരുടെ മനസ്സ് എന്റെ പ്രാണൻ എന്റെ ഭാവം എന്റെ എന്നെ ചിന്തിച്ച് ശാരീരികമായ എല്ലാ വ്യവഹാരങ്ങളും അവരുപേക്ഷിച്ചിരിക്കുന്നു അവരോട് ചെന്ന് എന്റെ സന്ദേശം കേൾപ്പിക്കാം അവർക്ക് ഞാനല്ലാതെ വേറൊന്നും അറിയില്ല അവര് ധാരയന്തി അതികൃണ പ്രായ പ്രാണാൻ കഥ പ്രത്യാഗമന സന്ദേശ്യോമേ മതാത്മിക ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് അവരെടുത്ത് ചെല്ലും എന്നുള്ള ഒരേ ഒരു ഭാവം കൊണ്ട് മാത്രം അവര് പ്രാണൻ ധരിച്ചു കൊണ്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവർ ജീവിക്കില്ല അതുകൊണ്ടാണ് നാരദ മഹർഷി യഥാ വ്രതഗോപിക്കാനാം എന്ന് പറഞ്ഞു ഭക്തിക്ക് അതിനൊരു ഉദാഹരണ മുമ്പ് സൂത്രം ഭക്തിയെ വ്യാഖ്യാനിക്കുമ്പോൾ നാരദൻ തന്റെ അഭിപ്രായത്തിൽ ഭക്തി എന്താണെന്ന് പറഞ്ഞു വ്യാസന്റെ അഭിപ്രായം പറഞ്ഞു ഷാണ്ടില് അഭിപ്രായം പറഞ്ഞു ഗർഗാചാര്യന്റെ അഭിപ്രായം പറഞ്ഞു ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ നാരദൻ തന്റെ അഭിപ്രായം പറഞ്ഞു തത് അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലത എന്ന് അഖിലാചാരത എല്ലാത്തിനെയും ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള ആചരണവും തദ്വിസ്മരണേ പരമവ്യാകുലത ഭഗവാനെ മറക്കുന്നതിൽ സഹിക്കുവയ്യാത്ത വ്യാകുലത വിരഹം താപം ഇവിടെ ഗോപികകൾ എന്നിട്ടാണ് യഥാവൃത ഗോപികാനം ഗോപസ്ത്രീകളെ പോലെ തത് അഖിലാചാരത അവർക്കെല്ലാം ഭഗവാനിൽ അർപ്പിതമാണ് തദ്വിസ്മരണേയ പരമവ്യാകുലത സഹിക്കവയ്യാത്ത വിരഹ താപം ആ ഗോപികളുടെ അടുത്തേക്കാണ് ഉദ്ധവരെ ഭഗവാൻ അഹിക്കുന്നത് സന്ദേശത്തോടു കൂടെ ഉദ്ധവർ ഭഗവാന്റെ സന്ദേശവാഹകൻ മാത്രമാണ് അല്ലാതെ ഉദ്ധവരൊന്നും അവിടെ ചെന്നൊന്നും ഉപദേശിച്ചില്ല ഉദ്ധവർ അവിടെ ചെന്ന് വേദാന്തം പറയാനായിട്ട് ചെന്നുവെന്നും ഗോപസ്ത്രീകൾ അത് കേട്ടില്ല എന്നും എന്തൊക്കെയോ വാദങ്ങളൊക്കെ ഉണ്ട് ഉദ്ധവർ വരും ഭഗവാന്റെ സന്ദേശവാഹകൻ മാത്രമാണ് ഉദ്ധവർ തന്റേതായ ഒരു വാക്കും ഗോപസ്ത്രീകളുടെ അടുത്ത് പറയണില്ല ഭഗവാൻ ഉദ്ധവരെ ഒരു സന്ദേശവാഹകനായിട്ട് അയയ്ക്കുന്നു അതും പ്രേഷ്ഠതമനായ ഭക്തനായതുകൊണ്ട് എന്താ ഗോപികകളുടെ അടുത്തേക്ക് അയക്കുമ്പോ ഭക്തനായിരിക്കണം അങ്ങനെ ഉദ്ധവർ വ്രജഭൂമിയിലേക്ക് ചെല്ലുന്നു പോകുന്ന വഴിയിൽ വൃന്ദാവന കാറ്റ് ഉദ്ധവരുടെ മേലെ സ്പർശിക്കുന്നു വൃന്ദാവനത്തിലേക്ക് എത്തുമ്പോഴും പശുക്കുട്ടികൾ പോകുന്നതും പശുക്കൾ മേയുന്നതും ഒക്കെ ഉദ്ധവർ കണ്ടുകൊണ്ട് വ്രജത്തിൽ ചെല്ലുന്നു വസുദേവരും നന്ദഗോപുരും യശോദയും ഉദ്ധവരെ സാക്ഷാത് വാസുദേവനെ എന്ന വെണ്ണം അർച്ചിച്ച് ആദരിച്ചു വാസുദേവധിയാ അച്ഛയത്ത് കൃഷ്ണൻ തന്നെ വന്നിരിക്കണു എന്നുള്ള ഭാവത്തോടെ എന്താ രണ്ടുപേരും കാണാനും കുറച്ചു ഒരേപോലെ ഉണ്ടാവുക ഒരു ദിവസം ഉദ്ധവരെ ഭഗവാൻ ഒരു പണി പറ്റിച്ചു എന്നാണ് കൃഷ്ണനെ പോലെ കറുപ്പ് നിറം മുഖലക്ഷണമൊക്കെ ഏകദേശം ഭക്തന് ഒരേ ഒരു ദിവസം കണ്ണൻ പല സ്ഥലങ്ങളിലും പോയി വെണ്ണത്തിൽ നിന്ന് വേർ നിറച്ചിട്ട് അമ്മ ഊണ്ച്ചിട്ടില്ലെങ്കിൽ തല്ലും അപ്പൊ ഉദ്ധവരെ തന്റെ വേഷം കെട്ടി ഒരു വയൽപീലിയൊക്കെ വെച്ച് വീട്ടിലേക്ക് അയച്ചു യശോധയുടെ അടുത്ത് അത്രക്ക് സാമ്യാ അത്രേ അപ്പൊ ഉദ്ധവർ അവിടെ ചെന്നപ്പോ ആദ്യം തന്നെ യശോദക്ക് സംശയം തോന്നി എന്താണെന്ന് വെച്ചാ വന്നോണ് കാല് കഴുകി വീട്ടിലേക്ക് കാല് കഴുകിയിട്ട് ശരി ഇലവച്ച് ഇരിക്കാൻ പറഞ്ഞ അടക്കത്തോടുകൂടെ ഇരുന്നു എന്നിട്ട് ഒന്ന് നമസ്കരിച്ചു ഇത്ര പരിശോധനം ചെയ്തു ഇതൊക്കെ കണ്ടപ്പോ യശോദക്ക് മനസ്സിലായി ആള് മാറിയിട്ടുണ്ട് ഉദ്ധവരേ യശോദ നന്ദഗോപുരം കൂടെ വളരെ പ്രിയമായി ആദരിച്ച് വിളിച്ചു ആദിത്യ സത്കാരമൊക്കെ കഴിഞ്ഞു രാത്രി മുഴുവൻ കൃഷ്ണകഥയെ പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ ഭഗവത് അനുസന്ധാനം നമ്മളിന്ന് പറഞ്ഞ പോലെ അനുസന്ധാനം അവർക്ക് ഭഗവാന്റെ സാമീപ്യം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന അനുസന്ധാനം കണ്ട് ഉദ്ധവർ ആശ്ചര്യപ്പെട്ടു യുവാം ശ്ലാഘ്യതമൗനൂനം ദേഹിനാമിഹമാനത് നാരായണേ അഖില ഗുരവ് യത്കൃതാം നിങ്ങൾ എത്ര ശ്രേഷ്ഠന്മാരാണ് എത്ര തപസ്സുകൊണ്ടും യോഗസാധനകൾ കൊണ്ടും സാധിക്കാത്തതായ ആ ഒരു അനുസന്ധാനം നാരായണനിൽ നിങ്ങളുടെ മനസ്സ് രൂഢമായിരിക്കുന്നു പക്ഷേ ആ അനുസന്ധാനത്തിനോടൊപ്പം അവർക്ക് അല്പം ദുഃഖമുണ്ട് കൃഷ്ണൻ ഞങ്ങളെ വിട്ടുപോയല്ലോ കൃഷ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് ഇനി വരില്ലല്ലോ എന്നുള്ളൊരു ഭാവമുണ്ട് ആ ഭാവം അൽപ്പം മാറ്റേണ്ടിയിരിക്കുന്നത് കൊണ്ട് മാത്രം ഉദ്ധവർ പറഞ്ഞു കൃഷ്ണൻ ആരാണ് നിങ്ങൾക്ക് മാത്രം പുത്രനാണോ എല്ലാവർക്കും കൃഷ്ണൻ പുത്രനാണ് നിങ്ങൾക്ക് മാത്രമല്ല അവന് എല്ലാവർക്കും പുത്രനുമാണ് അച്ഛനുമാണ് അമ്മയുമാണ് പിതാഹമസ്യ ജഗത മാതാ ദാത പിതാമഹ ദൃഷ്ടം ശ്രുതം ഭൂത ഭവത് ഭവിഷ്യത് സ്ഥാസ്ണു ചരിഷ്ണു മഹത് അൽപ്പം ചെ വിന അച്യുതാത് വസ്തുതരാം നാച്ചം സർവം പരമാത്മ പരമാർത്ഥഭൂത ഈ ജഗത്തിൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ചരവും അച്ഛരവുമായി സകല വസ്തുക്കളും അച്യുതനാണ് ഇങ്ങനെ രാത്രി മുഴുവൻ ഉദ്ധവൻ എന്തൊക്കെയോ പറഞ്ഞു യശോധയും വസുദേവരും കേട്ടുകൊണ്ടിരുന്നു സത്സംഗം അങ്ങനെ കുറെ നേരം കഴിഞ്ഞു നേരം വെളിച്ചാവാറായി ഗോപസ്ത്രീകളൊക്കെ രാവിലെ എണീറ്റ് വിളക്ക് കൊടുത്തി ആചാരപ്പടി ചെയ്യേണ്ട പൂജയൊക്കെ ചെയ്ത് ഗൃഹത്തിന് പുറത്തിറങ്ങിയാൽ ആദ്യം നന്ദഗോപുരന്റെ ഗൃഹത്തിലേക്ക് നോക്കും കൃഷ്ണൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ രാവിലെ എണീറ്റ് അവര് തൈരു കടയുന്ന ശബ്ദം കേൾക്കുകയാണ് എല്ലായിടത്തും ഉദ്ഗായലോചനം വ്രജാങ്കനാം ദിവമസ്പൃശധ്വനി ദ്നശ്ശ നിർമ്മന ശബ്ദമിശ്രിത്തോ നിരസ്യത്തെ ദിശാ അമംഗണം ഭഗവത്യുദി സൂര്യേ നന്ദദ്വാരൃഷ്ടഥം ശാതകൗഭം കൃവൻ സൂര്യൻ ഉദിച്ചു ഇവർ ഗോവിന്ദ ദാമോദര മാധവേദി ഗാനം ചെയ്തുകൊണ്ട് തൈര് കടഞ്ഞു വീട്ടെന്ന് പുറത്തുവന്ന് നോക്കുമ്പോൾ നന്ദഗോപുലരുടെ വീട്ടിന് മുമ്പിൽ ഒരു സ്വർണ്ണരഥം നിൽക്കുന്നു ശാതകൗമ്പം രഥം അതാ ആരുടെയാത് സ്വർണരഥം വരണമെങ്കിൽ ഗവൺമെന്റ് വെഹിക്കിൾ ആയിട്ട് കംസ മധുരാപുരിയിൽ നിന്ന് വേണം വരാൻ അക്രൂരായിരിക്കും അക്രൂരർ ഇനി എന്തിനു വരണം കൃഷ്ണനെ കൊണ്ടുപോയില്ലേ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ആരാ വന്നിരിക്കണം എന്ന് നോക്കാനായിട്ട് അപ്പോഴാണ് ഉദ്ധവരെ രാവിലത്തെ സന്ധ്യാവന പ്രാത കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി ഉദ്ധവരെ കണ്ടപ്പോ എങ്ങനെയുണ്ടോന്ന് വെച്ചാൽ തം വീക്ഷ്യ കൃഷ്ണാനുചറം സ്ത്രീയഹ ോചനം പീതാം പുഷ്രമാലിനം ലസന് മുഖാരവിന്ദം മണിമൃഷ്ടുണ്ടേ വേഷം ഭൂഷം ഇമിറ്റേഷൻ അല്ല അതിന് കാരണം എന്താ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർ തന്നെ പറയുന്നു ഉച്ചിഷ്ടോജിനസൃഷ്ട സ്രഗന്ധ വാസോലങ്കാരിത ഉച്ചിഷ്ടോജിനോ ദാസാഹ തവ മായാം ജയേമഹി ഭഗവാൻ കൃഷ്ണൻ കഴുത്തിൽ അണിഞ്ഞ് അഴിച്ചു വെച്ച മാല ഉദ്ധവർ ധരിക്കും ഭഗവാൻ ഉടുത്ത് അഴിച്ചു വെച്ച പീതാംബരം ഉദ്ധവർ ധരിക്കും ഭഗവാൻ ഭക്ഷണം കഴിഞ്ഞ് ഉച്ചിഷ്ടമായിട്ട് വെച്ചിട്ടുള്ളത് ഉദ്ധവർ കഴിക്കും ഉദ്ധവരുടെ ശരീരമേ ആ ഉച്ചിഷ്ടം കൊണ്ട് ഉണ്ടായതാണ് ഉദ്ധവരുടെ വസ്ത്രം ഭഗവത് ഉച്ഛിഷ്ടം ഉദ്ധവരുടെ ആഭരണങ്ങൾ ഭഗവത് ഉച്ഛിഷ്ടം കാണാനും നിറം ഉദ്ധവർ ഭഗവാനെ പോലെ നവകഞ്ചലോചനം താമര എല്ലാം കൂടെ കാണുമ്പോൾ കൃഷ്ണനെ പോലെ ഇത് കണ്ടതോടുകൂടെ ഗോപസ്ത്രീകൾ ഇതാരാഥ ശുചിസ്മിത കോയമർശന കൃഷ്ണനെ കണ്ടിട്ട് അവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ കാണാൻ തോന്നുമോ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പുരുഷനിൽ മോഹം ഉണ്ടാവുമോ ഭ്രമം ഉണ്ടാവുമോ പക്ഷെ ഉദ്ധവരെ കണ്ടപ്പോ ഇവനാരാ ഇതാരാ ഒരു ഔത്സുഖ്യം അതെങ്ങനെ ഔത്സുഖ്യം ഉണ്ടായി ഔത്സുഖ്യം ഉണ്ടായി മാത്രമല്ല ഇതെന്താ അച്യുതനെ പോലെ തന്നെ വേഷം ഭൂഷം കുതശ്ചാചുത വേഷഭൂഷണ ഇതി സ്മ സർവാഹ പരിവ്രുഹു ഉത്സുഖാ എല്ലാരും കൂടെ വന്ന് വട്ടത്തിൽ നിന്നു അത്ര ഉദ്ധവരുടെ അതെങ്ങനെ ഒരു അന്യപുരുഷന്റെ അടുത്ത് ഇത്രയധികം സ്വാതന്ത്ര്യത്തോടുകൂടെ വട്ടത്തിൽ വന്ന് നിൽക്കും എന്ന് വെച്ചാൽ ശ്ലോക പദാമ്പുജ ആശ്രയം ഈ ഉത്തമ ശ്ലോക പദാംബുജ ആശ്രയം ഭഗവാന്റെ പാദമേ തനിക്ക് ആശ്രയമായി കരുതിയിരിക്കുന്ന പാദദാസനായതുകൊണ്ട് ധൈര്യമായിട്ട് അടുത്തു വന്ന് നിന്നു എന്നാണ് ചുറ്റും വന്ന് കൃഷ്ണനെ കൃഷ്ണൻ വേറെ ഭക്തൻ വേറെ എന്നുള്ള ഭാവമില്ല ബുദ്ധവരവർക്കൊരു പുരുഷനായിട്ട് തോന്നിയില്ല ഞങ്ങളെ പോലെ ഒരു ഭക്തം ഉത്തമ ശ്ലോക പദാംബുജാശ്രയം വട്ടത്തിൽ വന്ന് നിന്നു കുറച്ച് കുശല ഒക്കെ ചെയ്തപ്പോ മനസ്സിലായി മഥുരാപുരിയിൽ നിന്നും ഭഗവാൻ പറഞ്ഞിട്ട് വരിക കൃഷ്ണൻ പറഞ്ഞിട്ട് വരിക എന്തിനാ വന്ന് ആ അല്ലെങ്കിലും അവനെ വളർത്തിയാൽ നന്ദഗോപുര യശോധയൊക്കെ ഉണ്ടല്ലോ അവരോട് കുശലം ചോദിക്കാനായി പറഞ്ഞയച്ചതായിരിക്കും നിങ്ങളെ ഈ പ്രിയത്തിൽ കുറച്ച് അസൂയ ഒരു പരിഭവം പെണക്കൊക്കെ ഉണ്ടാവും അല്ലെ പ്രിയം ദ്വൈതമണ്ഡലത്തിലിരിക്കുന്നിടത്തോളം നമുക്ക് പ്രിയത്തിൽ അസൂയ ഉണ്ടാവും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അസൂയ ഉണ്ടാവും ഭക്തന്മാരുടെ ഇടയിൽ നമുക്ക് ധാരാളം ഇത് കാണാം എത്ര ആശ്രമങ്ങൾ ഗുരുക്കന്മാരുടെ ഇടയിലൊക്കെ പോയാൽ നമുക്ക് കാണാം ഗുരു ശിഷ്യന്മാരുടെ ഇടയിലും ഇത് കാണാം എന്താണെന്ന് വെച്ചാൽ പ്രിയം കൂടും അസൂയ കൂടും അസൂയ കൂടും അതേപോലെ ചിലപ്പോ വിപരീതവും ഇവിടെ ഒരു പിണക്കം സൗന്ദര്യ പിണക്കം പോലെ ഗോപസ്ത്രീകൾക്ക് ഞങ്ങളുടെ അടുത്തൊക്കെ അവന് എന്ത് വേണം നമുക്ക് ഈ പ്രിയം കുടുംബം അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടേക്കൊന്നും ഇപ്പൊ വരില്ലല്ലോ നന്ദഗോപൊരു യശോദ്യം ഇവിടെ ഉണ്ട് അത് കാണാനായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ടാവും പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമായിരിക്കും അപ്പൊ അല്ലെങ്കി ഞങ്ങളുടെ അടുത്തൊക്കെ പവന് എന്താ ഉള്ളത് കാട്ടിൽ വൃക്ഷങ്ങളിൽ ഫലം തീർന്നാൽ പക്ഷികൾ വൃക്ഷങ്ങളെ വിട്ടുപോകും ധനമില്ലാത്ത യജമാനന്റെ അടുത്തുനിന്ന് ധനം കിട്ടിക്കഴിഞ്ഞാൽ വൃത്യം വിട്ടുപോകും രാജാവ് കഴിവില്ലാത്ത ആളാണെങ്കിൽ രാജാവിനെ ഉപേക്ഷിക്കും കാട്ടിന് തീ വന്നാൽ മൃഗങ്ങൾ ഓടിപ്പോകും ഗണികകൾ നിസ്വനെ ഉപേക്ഷിച്ചു പോകും പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാലോ അതീതവിദ്യ ആചാര്യം ആചാര്യനെ വിട്ടുപോകും പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ അതിഥിയോ ഊണ് കഴിച്ചാൽ വീട്ടിൽ നിന്ന് പുറപ്പെടും ഋത്വിക്കുകളോ ദർശനം വിട്ടുകഴിഞ്ഞാൽ പുറപ്പെടും അതേപോലെ കൃഷ്ണനും ഞങ്ങൾക്കുള്ള ഞങ്ങളോടുള്ള ബന്ധം അത്ര അവന്റെ കാര്യം കഴിഞ്ഞാകുമ്പോൾ പോയി ഞങ്ങളോട് അവന് എന്താവാൻ ഉണ്ട് ഞങ്ങൾ ആരാ ഈ കാട്ടുപണ്ണങ്ങള് ഗോപസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ അല്പമൊന്നും പിണങ്ങി ഉദ്ധവരോട് അപ്പഴുണ്ട് ഒരു വണ്ട് ഒരു ഭ്രമരം കറുത്ത വണ്ട് ഭൃങ്കി വണ്ടിന് ഒരു പേരെന്താ മധുപൻ പേര് മധു എന്ന് വെച്ചാ തേൻ തേൻ കുടിക്കുന്നത് കൊണ്ട് മധുപൻ ഈ തേൻ കുടിച്ച് മധുപാനം ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കാവോ പാടില്ല ഇത് മധുപാനം ചെയ്ത് മുരണ്ടുകൊണ്ട് നടക്കുന്നതാണ് ഈ ചിലർക്ക് മധു ഉള്ളിൽ പോയാൽ പാട്ട് വരും അതുപോലെ ഇവിടെ ഈ വണ്ടിന് ഒരു മധു ഉള്ളിൽ പോയാൽ പാട്ട് വരും അതിങ്ങനെ മറേണ്ടി ഒരു പൂവിൽ നിന്നും ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് പോയിക്കൊണ്ട് ഭക്തനും ഒരു മധുവനാണ് എന്തു മധു കുടിക്കുന്നു ഭഗവാന്റെ പാതാറവിന്ദ മകരന്ത ലിഹം ഭഗവാന്റെ നിന്നും പാതാറവിന്ദ പുഷ്പത്തിൽ നിന്നുള്ള തേൻ തണ്ടാരിൽ വീണും മധു ഒരു വണ്ടാണു സൂര്യ സുകൃതി തേൻ കുടിക്കുന്ന വണ്ട് അവിടെ യോഗിയും ഭക്തനും ഒക്കെ ഭഗവാനും ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഭക്തിയാവുന്ന മധുവിനെ ഭഗവാനും കുടിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും മധു ഒക്കെ ഒരു മധുപാന കൂട്ടം ഭക്തന്മാരും ഭഗവാനും ഒക്കെ ആ സമയം ഒരു കറുത്ത വണ്ട് അവിടെ വന്നു മധു മൂളിക്കൊണ്ടുവന്നു ആ മധു ഒരു ഗോപസ്ത്രീയുടെ കാലിൽ ചെന്നിരുന്നു ആ മധു കറു വണ്ട് ആ വണ്ട് കറുപ്പ് നേരം ഉദ്ധവനും കറുപ്പ് നേരം കൃഷ്ണനും കറുപ്പ് നേരം വണ്ടും ഒരു സ്ഥലത്ത് നിൽക്കില്ല ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് പോകും ഒരു പുഷ്പത്തിൽ തേൻ കുടിച്ചു പോകുമ്പോ ഈ പുഷ്പത്തിന് അതൊന്നും കൊടുക്കുക താങ്ക്സ് പറയൊന്നുമില്ല പോയി ഭക്തന്മാരും അതെ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും സാധുക്കൾ ഒരു സ്ഥലത്ത് പോയി ആരോ ഭിക്ഷ കൊടുത്തു സുഖമായി ഊണ് കഴിച്ചു അവിടെ രണ്ടു മൂന്ന് ദിവസം തന്റെ വീട് പോലെ ഇരുന്നു അത് കഴിഞ്ഞ് ഒരു ഫോണോ ലെറ്ററോ ഒന്നുമില്ല ഒരു പോക്ക് പോയി പിന്നെ തിരിഞ്ഞു നോക്കലേ ഇല്ല ഭഗവാനും അതേ ജനിച്ച ദിവസം സർക്കീട്ട് അടിക്കാൻ തുടങ്ങിയതാണ് അവസാനത്തെ ദിവസം വേറെ സർക്കീട്ടാണ് ജനിച്ച ദിവസം രാത്രി മധുരാപുരിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് വ്രജത്തിലേക്ക് ഗോകുലത്തിൽ പോയി ഗോകുലത്ത് നിന്നും വൃന്ദാവനത്തിലേക്കു പോയി അവിടെ കാട്ടിലെ മലയിലെ അവിടെ ഇവിടെ ഒരു ക്ഷണ നേരം ഒരിടത്ത് വീണ്ടും അവിടെ നിന്ന് വന്നു ഹസ്തനാപുരത്തുനിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ചുറ്റി അവസാനം പ്രഭാസ പോയി ഇങ്ങനെ ചുറ്റലാണ് ജീവിതം മുഴുവൻ കൃഷ്ണനും ചുറ്റലാണ് അപ്പൊ ഭക്തനെ ഭഗവാൻ ഭക്തൻ വണ്ട് ഒക്കെ ഒരേ കണക്കെന്നാണ് അപ്പൊ ഒരു കറുത്ത വണ്ട് ഒരു ഗോപസ്ത്രീയുടെ കാലിൽ വന്നിരുന്നു ആ വണ്ടിനെ വെച്ചുകൊണ്ട് ഉദ്ധവരോട് പറയാനുള്ള കാര്യം വണ്ടിനോട് പറയാണ് ഹേ വണ്ടേ എന്റെ കാലിലിരിക്കരുത് ആ വണ്ടിന് മീശ ആ മീശയിൽ അല്പം കുങ്കുമം മധുപകിതവബന്ധോം കുചവിലുളിതമാലാ കുങ്കുമുഭിന്നഹം ്രജതി മധുപതിസാദം യുസദസി വിടംബ്യം യസ്യൂതഹാത്വം ഈതൃഗേ മധുപൻ കിതവബന്ധോ ഹേ വണ്ടേ നീ എവിടുന്നാ വരുന്നത് കൃഷ്ണൻ കഴുത്തിലിട്ടിരിക്കുന്ന വനമാലയിൽ തേൻ കുടിച്ചിട്ട് വരുന്നവനല്ലേ നീ അതെ തന്റെ മീശയിൽ എവിടുന്ന് കുങ്കുമം വന്നു കൃഷ്ണനോ ബ്രഹ്മചാരി തന്റെ പുഷ്പ മീശയിൽ എവിടുന്ന് കുങ്കുമം വന്നു അങ്ങനെയാണെങ്കിൽ അവന് അവിടെയും ഞങ്ങളെ പോലെ കുറെ ഉണ്ട് ൃാങ്കിം ഈ ഭാവം മധുരഭാവം ഭക്തന്മാരുടെ ഭാവത്തിലും അതെ ഭഗവാന് വേറെ ഭക്തന്മാർ എവിടെ പോയാലും ഭക്തന്മാരല്ലേ ഒരു ഭക്തനുള്ള ഭാവമാണ് അവൻ അവിടെ മാറിക്കുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് കഥ പറയാൻ വരണ്ട വഹതു മധുപതിഹീ തന്മാണിനീനാം പ്രസാദം യതുസദസി വിഡംബ്യം യസ്യ ദൂതാത്വം ഈതൃക്ക് അവന്റെ ദൂതനാണല്ലോ നീ അങ്ങട്ട് തന്നെ ചെല്ലാം അവൻ എന്ത് ചെയ്തു ഞങ്ങളോടെന്ന് വെച്ചാൽ കൊടും ക്രൂരത ഒരാനന്ദത്തിനെ തന്ന് സഹൃദ അധരസുധാം സ്വാം മോഹിനീം പായയിം സുമനസൈവ സദ്യ തത്യജേ സ്വാൻ ഭദൃക്നെ പോലെ തന്നെ ഒരു പുഷ്പത്തിൽ ചെന്നിരുന്ന് പുഷ്പത്തിൽ തേൻ കുടിച്ച് ആ പുഷ്പം വിട്ട് അടുത്ത പുഷ്പത്തിലേക്ക് പോകുന്ന പോലെ ആ കൃഷ്ണൻ ഞങ്ങൾക്ക് തന്റെ അധരസുധാപാനം ചെയ്യും ഈ മധുരഭാവത്തിലെ ഉള്ള വാക്കുകളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനെ എത്രയധികം ലൗകികമായിട്ട് അതിനെത്രയധികം ഭാവവും ലൗകികമായിട്ട് അതിന് എത്രയധികം മാധുര്യവും രസവും ഈ വിഷയങ്ങളിൽ ഉണ്ടോ അത്രയും ഭാവം ഭഗവത് ഭക്തിയിൽ വെച്ചുകൊണ്ടു വേണം നോക്കാൻ സാക്രി അധരസുധാം സ്വാം മോഹിം മോഹിപ്പിക്കുന്നതായ ഭഗവത് അനുഭൂതിയെ തന്നിട്ട് ഭക്തന്മാരുടെ ഭാവം അങ്ങനെയാണ് ഉയർന്ന ഒരു ഭാവമണ്ഡലത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടു പോയാൽ അങ്ങനെ ഉണ്ടാവും ഭക്തിയുടെ രസാനുഭവം കിട്ടി വിഷയസുഖത്തിനേക്കാൾ എത്രയോ ഉയർന്ന രസാനുഭവം കിട്ടിയിട്ട് ആ രസാനുഭവത്തിൽ ഇട്ടിട്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും സഹൃദരം മോഹിനിജ് ഭഷ്പത്തിനെ നീ വിട്ടുപോകുന്ന പോലെ ഞങ്ങളെയൊക്കെ അവൻ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോയി ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ കാര്യം പോട്ടെ ഞങ്ങൾക്കിപ്പോ ഏറ്റവും സിംപത്തി തോന്നണത് ഒരാളെ കുറിച്ച് ആ മഹാലക്ഷ്മി എങ്ങനെ തന്നെ കഴിച്ചു കൂട്ടണോ ഇവന്റെ കൂടെ എങ്ങനെ തന്നെ ജീവിക്കണോ എന്നുള്ളതാണിപ്പോ പരിചരതി കഥം തത് പാദപത്മം പദ് അതിനു ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാൽ അവളും ഇവൻ വർത്തമാനം പറയുമ്പോ നാവിലും മധുരം പഞ്ചസാര ഇട്ട് വർത്തമാനം പറയും അത് കേട്ട് ഞങ്ങളും മയങ്ങിയ പോലെ അവളും മയങ്ങിപ്പോയിട്ടുണ്ടാവുമായിരിക്കും മധുപതി പരിചരതി കഥം തത് പാദപത്മം പത്മിപതചേത ഉത്തമശ്ലോക ജൽപ്പ ഈ ഉത്തമശ്ലോകനായ കണ്ണന്റെ ജൽപ്പനം കേട്ട് അവളും മയങ്ങിപ്പോയിട്ടുണ്ടാവുമായിരിക്കും അപ്പൊ ഈ വണ്ടുണ്ടല്ലോ മൂളി ആറുകാലുണ്ട് വണ്ടിന് ഉദ്ധവരും ഷടങ്കവേദിയാണ് ആറംഗങ്ങളോടുകൂടെ വേദം പഠിച്ച ആളാണ് ഭഗവാനും അതേ ഭഗവാനും എല്ലാ ശാസ്ത്രങ്ങളിലും പ്രതിപാദ്യമായ വസ്തുവാണ് ഹേ ആറുകാലി എന്ന് വിളിച്ചു വണ്ടിന് കിമിക ബഹുഷടങ്കരേ ഗായസിവം ാലി നീ എന്താ പാട്ട് പാടുന്നു ഞങ്ങൾ ആരാ അവന് ചിന്തിച്ച് ചിന്തിച്ച് വീടും കുടുംബവും ഇല്ലാതായി ഇതൊന്നും ഇപ്പൊ സ്വീകരിക്കേണ്ട സ്ഥിതിയിൽ ഇല്ല അഗൃഹാണാം അഗ്രതോനഹ പുരാണം ഒരു പുരാണവും വെച്ച് പറയണ്ട അതൊക്കെ അവിടെ എവിടെങ്കിലും ചെന്ന് അവന്റെ അന്തപുരത്തിൽ ചെന്ന് പറഞ്ഞുകൂടാ ആ കപട്ടൻ രുചിരഹാസം കണ്ട് മയങ്ങി പോവാത്തവർ ആരുണ്ട് ഇടയ്ക്ക് ഭക്തിയോടുകൂടെ ചില വാക്കുകളും പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞ ഗോപികകൾ പറഞ്ഞു ഇവന്റെ കഥകൾ കേട്ടാൽ എത്ര ആനന്ദമായിട്ടിരിക്കുന്നു കേൾക്കുമ്പോ മധുരം പീയൂഷം പോലെ ഉണ്ട് പക്ഷെ കേൾക്കാൻ കൊള്ളില്ല അറിയാതെ ഭാഗവതം കേൾക്കാൻ അപകടത്തിൽ വന്നു പെടുകയാണ് നമ്മളൊക്കെ കേൾക്കാൻ പാടില്ല എന്നാണ് ഇവന്റെ കഥ കേട്ട് കഥയിൽ എന്താ ഉള്ളത് എന്തെങ്കിലും ഇവൻ ആർക്കെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ ഒരു ശൂർപ്പിണകെന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾ എന്തോ ഭാവം ഇവ നന്നായിട്ടുണ്ടോ എന്ന് കണ്ട് ആശപ്പെട്ടു ആശപ്പെട്ടതിന് അവളുടെ മൂക്ക് മുറിച്ച് ചെവി മുറിച്ച് മഹാബലി എന്നൊരു രാജാവ് അദ്ദേഹത്തിന് ഇന്ദ്രസേനെന്നൊരു പേരുണ്ട് നാട്ടുകാർ ബലശാലി ബലി ബലി എന്ന് വിളിച്ചു മഹാബലി എന്ന് വിളിച്ചു ആ പേരിലുള്ള അപകടം മനസ്സിലാക്കിയില്ലേ അദ്ദേഹം മൂന്നടി മണ്ണ് കൊടുത്താൽ കൊടുത്തത് വാങ്ങിക്കൊണ്ടു പോകരുതോ കൊടുത്ത സമയത്ത് എന്താ പേരെന്ന് ചോദിച്ചു മഹാബലി എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിനെ ബലിയാക്കി ചേർന്നു ബലിമപി ബലിമത്വാവേഷ്ട ധ്വാംസവദ്യ കൊടുത്ത സാധനം വാങ്ങിച്ചാൽ വേണ്ടില്ല കൊടുക്കുന്ന ആളെ എടുത്തു വിഴുങ്ങിയാൽ നേദ്യം കൊടുത്താൽ സ്വാമി നേദ്യം കഴിക്കണം നേദ്യം കൊടുക്കുന്ന ആള് കഴിച്ചാൽ എടുത്തു വിഴുങ്ങിക്കളഞ്ഞാലോ ഈ ബലി കൊടുത്ത സാധനത്തിന് പോരാതെ ബലിയെ തന്നെ എടുത്ത് ബലിമപി ബലിമത്വാവേഷേഷ്ടയ അലം അലം അലം മതി ഈ കൃഷ്ണനുമായിട്ടുള്ള സഖ്യമേ ഞങ്ങൾക്ക് വേണ്ട ഈ കറുപ്പായിട്ടുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല അലം അസിതസഖ്യ അസിതനുമായിട്ടുള്ള സഖ്യമേ ഞങ്ങൾക്ക് മതി അലം അസിതസഖ്യ എന്നാലോ കഥ കേൾക്കാതിരിക്കാൻ പറ്റുമോ ദുസ്തജാർത്ഥ അവന്റെ കഥാർത്ഥം എത്ര മധുരമായിരിക്കുന്നു വേണ്ടാന്ന് വെക്കാനും വയ്യ ആ കഥ എങ്ങനെയുണ്ട് യത് അനുചരിത ലീലാ കർണ പീയൂഷ വിപ്രുഡ് അവന്റെ ലീലകൾ ചെവിക്ക് കർണത്തിന് പീയൂഷം അമൃതം പോലെ ഉണ്ട് ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി സഹൃദന് വിധൂതദ്വന്ദ്ധർമ്മ വിനഷ്ട ഒരു പ്രാവശ്യം കുടിച്ചാൽ തന്നെ സുഖം ദുഃഖം തണുപ്പ് ചൂട് നല്ലത് ചീത്ത ഒക്കെ കടന്നുപോയി പരമസുഖരസ സ്വരൂപത്തിൽ ഇരിക്കും ഇവര് പറയണത് എന്തോ പിന്നെ കഥ കേട്ടു ഏതോ ഒരു എന്റർടൈൻമെന്റ് ഒരു ഞായറാഴ്ച ഭാഗവതം കേട്ടാ പോട്ടെ പക്ഷെ അതിലെത്ര അപകടമുണ്ട് വിചാരിക്കുന്ന മാതിരിയാണോ ഏതോ രസമായിട്ടുണ്ടോ എന്ന് കേട്ടു എന്ന് വെച്ചാൽ വേണ്ടില്ല ഓഫീസിൽ പോണ കുറെ ആളുകൾ ഭാഗവത സപ്താഹം നടക്കേണ്ടതെന്ന് നോട്ടീസ് കൊണ്ട് വിളിച്ചു അവര് ഭാഗവതമേ ഭാവം എന്താണെന്ന് നടന്നിട്ടില്ല നേരെ ചൊവ്വ പണിയെടുക്കണു കുടുംബം നോക്കണു പണം സമ്പാദിക്കണോ കുട്ടികളെ വളർത്തണോ ഒക്കെ ഇരിക്കുമ്പോ ആണ് ഈ അപകടം പിടിച്ച ഈ കമ്മിറ്റിക്കാരോ നോട്ടീസൊക്കെ കൊണ്ടു ഭാഗവത സപ്താഹം കൊണ്ട് ശരി ഇവരെന്തോ വിളിച്ചുവല്ലോ ഒരു ഞായറാഴ്ച വൈകുന്നേരം ഈവനിങ് വാക്ക് പോകുമ്പോൾ അതിനകത്ത് കയറിയിട്ട് കേട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചതാണ് വൈകുന്നേരം നടക്കുമ്പോൾ ഭാഗവത് സപ്താഹശാലയിൽ കയറി എവിടെയോ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൃഷ്ണകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഞ്ചു മിനിറ്റ് ഇരുന്നു നന്നായിട്ടുണ്ട് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ ഓഫീസിലേക്ക് പോകണം സമയമില്ല എത്ര മണിക്ക് തുടങ്ങും ആറു മണിക്ക് തുടങ്ങും ശരി ഒരു ആറു മണിക്ക് വന്നിട്ട് കുറച്ചുനേരം കേട്ടിട്ട് പോയി പുറപ്പെടാമെന്ന് പറഞ്ഞ് ആറു മണിക്ക് വന്നു ആറു മണിക്ക് വന്നിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഉച്ച വരെ ലീവ് എടുക്കാം നായി ഉച്ച വരെ ഇപ്പൊ തന്നെ സെൽഫോണ് കയ്യിലുണ്ടല്ലോ വിളിച്ചു പറഞ്ഞു ഉച്ച വരെ ലീവ് എന്ന് പറഞ്ഞു ഉച്ചയായപ്പോ എന്താ ഇന്നൊരു ദിവസം ലീവ് എത്തുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തോന്നി ഒരു ഏഴു ദിവസം ഇപ്പൊ ലീവ് എടുത്താൽ എന്താ കുറേ ആയി വിഷമിക്കുന്നു ഏഴു ദിവസം ലീവ് അത് കഴിഞ്ഞ് പതുക്കെ ഇനി എവിടെ സപ്താഹമുണ്ട് ഭാഗവതം ശരിക്കും ഭാഗവത ശ്രവണ രുചി അങ്ങനെയാണ് ഇനി എവിടെ ഉണ്ട് അത് കഴിഞ്ഞപ്പോ തോന്നി വി ആർ എസ് എടുക്കാം അടുത്ത പരിപാടി അതാണ് നേരെ ചൂടെ ജോലിക്ക് പോയിണ്ടിരുന്ന ആളാണ് വി ആർ എസ് എടുക്കാന്നായി അതും വരെ പോട്ടെ അതും കഴിഞ്ഞ് ഭാഗവതം കക്ഷത്തിൽ ഒതുക്കി ഓരോരുത്തും ഇങ്ങനെ പോവാ ഭാഗവതം കേൾക്കാന്ന അതുവരെ ഒക്കെ വേണമെങ്കിൽ വേണ്ടില്ല കുറച്ചു കഴിഞ്ഞാൽ മുട്ടയടിച്ച് ബഹവൈഹ വിഹംഗാഹ ഭിക്ഷുചര്യാം ചരന്തി സപതി ഗൃഹകുടുംബം ദീനം ഉത്സൃച്ച് കുടുംബവും ഇല്ല ഭാര്യ കുട്ടികളില്ല ഭിക്ഷുചര്യാം ചരന്തി ഇവന്റെ കഥ കേട്ടിട്ട് ഇതാണ് ഗതി ഭിക്ഷ വാങ്ങി കഴിച്ചുകൊണ്ട് വിഹംഗാഹ ഭിക്ഷുചര്യാം ചരന്തി ഇതിനാണോ ഇപ്പൊ കഥ കേൾക്കുന്നത് അവിടെ എന്താ പറഞ്ഞു വിഹംഗാഹ എന്നാണ് വാക്ക് വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ ചേരില്ല ആ പക്ഷികൾ കൂടുപൊട്ടിച്ചുകൊണ്ട് പുറത്തു പോകുന്ന പോലെ വിഹായസില് ചരിക്കുന്നതാണ് വിഹംഗം വിഹായസ് ആകാശം ആകാശത്തിൽ ചരിക്കുന്നത് വിഹങ്കന്ന് പേര് ഇവര് ഏത് ആകാശത്തിലാണ് ചരിക്കുന്നത് ബ്രഹ്മാനന്ദ അനുഭവമാകുന്ന ചിതാകാശത്തിൽ ചിരാകാശത്തിൽ സഞ്ചരിക്കുന്ന ഹംസങ്ങളാണെന്നാണ് അതാണ് ആ ഹംസങ്ങളോടുകൂടെ നമ്മളെ തുലനം ചെയ്യാവോ അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത് കകൻ പറന്നു പുനർഹംസങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായനം ഏകാന്തയോഗികളിൽ ആകാംക്ഷ പൂണ്ടുപരം ഏകാന്തം പോകുന്നിതൻ മനവും ആ ഹംസങ്ങളെ പോലെ സാധാരണ ആളുകൾ ആ സ്ഥിതിയിലേക്ക് വരണമെന്നാണ് ഒക്കെ മറന്നുപോയി ഭാഗവത കഥാശ്രവണ രസത്തിൽ ഒക്കെ മറന്നുപോയി അവന്റെ കഥ ഇനി പറയരുത് വയമീവ ജിംഹദ്വ്യാഹൃതം ശ്രദ്ധദാനാഹ എന്തൊക്കെ വാക്കുകൾ അവർ ഞങ്ങളോട് പറഞ്ഞു പോവാൻ അതൊക്കെ കേട്ട് ഞങ്ങൾ മങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞു ഈ വണ്ട അവിടുന്ന് പുറമു പ്രിയ സഖ പുനരാഗാഹ വണ്ടേ തിരിച്ചു വരൂ പ്രിയസഖ തിരിച്ചു വരൂ ഞങ്ങളെ ഉപേക്ഷിച്ചു പോവരുത് േയസാ പ്രേഷിതയ്ക്കും പ്രേഷ്ടതമനായി ഭഗവാൻ പറഞ്ഞിട്ട് വന്നതാണോ നീ ഞങ്ങളെയൊക്കെ ഭഗവാൻ ഓർക്കണുണ്ടോ എന്തു പറഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിച്ചു ഉദ്ധവര് ആ ഗോപികകളുടെ ഭക്തി ഭാവം അതീവ പ്രബലമായ ഭഗവത് നിവേശിതമായ ചിത്തം ഇത് കണ്ട് അഹോ യൂയം സ്വപൂർണാർഥാ ഭവ ലോകപൂജിത വാസുദേവേ ഭഗവതി അർപ്പിതം മനഃ നിങ്ങളൊക്കെ പൂർണാർത്ഥരായിരിക്കും പരമപുരുഷാർത്ഥം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഭഗവാൻ നിങ്ങൾക്ക് സിദ്ധമായിരിക്കുന്നു ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്ത് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഉദ്ധവർ ഭഗവാന്റെ സന്ദേശം ഗോപികകൾക്ക് കൊടുത്തു ശ്രീ ഭഗവാൻ ഉവാച്ച വളരെ വ്യക്തമാണ് അവിടെ ഉദ്ധവർ ഒരു വാക്കുമുണ്ടില്ല ഭഗവാൻ ഉവാച്ചാണ് ഭഗവാന്റെ സന്ദേശത്തിന് ഉദ്ധവർ കൊടുത്തു ഭഗവാൻ ഉദ്ധവ ഗോപികകളോട് പറഞ്ഞു നിങ്ങളെ പിരിഞ്ഞ് ഞാൻ ഒരിക്കലും ഇരിക്കണില്ല വാസ്തവത്തിൽ നമുക്ക് തമ്മിലൊരു പിരിവേലിയായി എങ്ങനെ പിരിക്കാൻ പറ്റും ഞാൻ നിങ്ങളുടെ അന്തര്യാമിയാണ് എല്ലാത്തിനും സാക്ഷിയായ അന്തര്യാമിയായ ആത്മാ ജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ അഗുണാൻമയാഹ സത്വരജസ്തമോ ഗുണങ്ങൾക്കൊക്കെ അതീതമായി സാക്ഷിയായ എപ്പോഴും സിദ്ധമായ ആത്മവസ്തുവാണ് ഞാൻ സുഷുപ്തി സ്വപ്നം ജാഗ്രത്ത് എന്നുള്ള മൂന്ന് വൃത്തികളും വരികയും പോവുകയും ചെയ്യുന്നു എത്ര വലിയ ഭക്തി ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഉറക്കത്തിൽ ഭക്തി ഭക്തിയൊന്നുമില്ല ഉറക്കത്തിൽ വ്യക്തിത്വം പോയിപ്പോകുന്നു ഭഗവാൻ പറഞ്ഞു ഉറക്കത്തിൽ പോലും നിങ്ങളെ ഞാൻ പിരിഞ്ഞിട്ടില്ല മനസ്സ് ലയിച്ചു ഉറങ്ങുന്ന ആ ഉറക്ക പോലും ഉള്ള ബോധവസ്തുവാണ് ഞാൻ യാതൊരു സമയത്തിലും നിങ്ങൾക്കും എനിക്കും തമ്മിൽ വിയോഗമേയില്ല നമുക്ക് ഏതൊക്കെ വസ്തുക്കളോട് സംയോഗമുണ്ടോ ആ സംയോഗം വിട്ടാൽ ഭഗവാനോടുള്ള നിത്യയോഗം നമുക്ക് അനുഭവപ്പെടും ശരീരത്തിനോടും മനസ്സിനോടും ബുദ്ധിനോടും അവസ്ഥാത്രയങ്ങളോടും സംയോഗം ഉള്ളതുകൊണ്ട് നിത്യസിദ്ധമായ ആത്മവസ്തുവായ കൃഷ്ണൻ അനുഭവപ്പെടുന്നില്ല ശരീരം മനസ്സ് അവസ്ഥാത്രയത്തിനോടൊക്കെ സംയോഗം വാസ്തവത്തിൽ സത്യമല്ല ദുഃഖ സംയോഗമാണിത് എന്ന് അറിഞ്ഞ് ഭഗവാനോടുള്ള നിത്യയോഗം ഹൃദയത്തിൽ പ്രകാശിക്കും കൃഷ്ണനോട് ജീവനുള്ള യോഗം നിത്യയോഗമാണ് ശരീരത്തിനോടും മനസ്സിനോടുമുള്ള യോഗം തത്കാലയോഗമാണ് അത് തത്കാലമാണ് ശരീരവും മനസ്സിൽ നിൽക്കും പോകും പക്ഷേ കൃഷ്ണനോടുള്ള സംബന്ധം ഒരിക്കലും രണ്ടല്ല മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ അതുകൊണ്ട് കൃഷ്ണൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അന്യമല്ല കൃഷ്ണൻ എപ്പോഴും സിദ്ധമായ വസ്തുവാണ് അഹം ആത്മാ ഗുഢാകേശ സർവാഭൂ സർവഭൂതാശയസ്ഥിത ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന ആത്മവസ്തുവാണ് കൃഷ്ണൻ എന്ന തത്വം ഉദ്ധവർ ഗോപികകൾക്ക് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ ഉദ്ധവരെ മനസ്സിലാവണണ്ട് അറിയുന്നുണ്ട് മുൻപില് ഗോപികാഗീതത്തിൽ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മതൃക് എന്ന് പാടിയതാണ് ആശ വെച്ചാൽ ദുഃഖം വരും എന്ന് ഞങ്ങൾക്കും അറിയാം പിങ്കള പറഞ്ഞല്ലോ ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്ന് പിങ്കള സ്വൈരിണ്യപ്യാഹ പിങ്കള അവൾ സ്വൈരിണിയാണെങ്കിലും അവൾ പറഞ്ഞത് സത്യം തന്നെ പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ കൃഷ്ണനോടുള്ള ആശ ഞങ്ങൾക്ക് പോണില്ല കൃഷ്ണനോടുള്ള ആശയിൽ ലോകത്തിലുള്ള ആശ വിട്ടുപോകുന്നു ഇതര രാഗവിസ്മാരണം നേരിടാം കൃഷ്ണനോട് രാഗം വരുമ്പോ ഇതര വിഷയങ്ങളോടുള്ള രാഗം പോകുന്നു ആ കൃഷ്ണനോടുള്ള ആശ എങ്ങനെ നിൽക്കുന്നു ആശാഹി പരമം ദുഃഖം എന്ന് പറഞ്ഞ് ഇതിപ്പോ ദുഃഖത്തിന് കാരണമായി തിരിക്കാൻ കാരണമെന്തേ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ച് കരഞ്ഞു ഗോപികകൾ വീണ്ടും ഉദ്ധവർ കുറേ മാസങ്ങൾ അവിടെ താമസിച്ച് ഉദ്ധവർ ഭഗവാൻ പറഞ്ഞ തത്വത്തിനെയും ഭഗവത് കഥകളെയും പറഞ്ഞു ഗോപികകൾ അവർ ഭഗവാനുമായിട്ട് അനുഭവിച്ച ഭഗവത് കഥകളെ ഉദ്ധവർക്ക് പറഞ്ഞു തദസ്ഥാ കൃഷ്ണ സന്ദേശൈ വ്യപേത വിരഹജ്വരാഹ ഉദ്ധവം പൂജയാം ചക്രുവാ ആത്മാനം അധോക്ഷജം ഈ ശ്ലോകമൊക്കെ നമ്മള് നല്ലവണ്ണം ശ്രദ്ധിക്കണം തദസ്ഥാഹ ആ ഗോപസ്ത്രീകൾ കൃഷ്ണ സന്ദേശൈ ഭഗവാന്റെ സന്ദേശം കേട്ടിട്ട് വ്യപേത വിരഹജ്വരാഹ വിരഹമാവുന്ന ജ്വരം അവരെ വിട്ടുപോയിന്ന് ഭഗവാനെ വിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കണു എന്നുള്ള വിരഹജ്വരം വിട്ടുപോയിട്ട് ഉദ്ധവരെ പൂജിച്ചു എന്നാണ് ഉദ്ധവം പൂജയാം ചക്രു എന്തിനാ പൂജിച്ചത് ആത്മാനം ഞാത്വാ അധോക്ഷജം ആത്മാനം ഞാത്വാ ഭഗവാൻ ഞങ്ങളുടെ അന്തര്യാമിയാണെന്നും ആത്മാവാണെന്നും ഉള്ള അനുഭവം ഉദ്ധവർ മുഖേന കിട്ടിയതുകൊണ്ട് ഉദ്ധവരെ പൂജിച്ചു ഉദ്ധവർ കുറച്ചു മാസങ്ങൾ അവിടെ കൃഷ്ണലീലാ കഥാം ഗായൻ രമയാമാസ ഗോകുലം കൃഷ്ണലീലയെ ഗാനം ചെയ്തുകൊണ്ട് ഗോകുലത്തിനെ രമിപ്പിച്ചു അവിടെയുള്ള ഓരോ കാളിന്തി നദിയും കാടും വൃന്ദാവനത്തിലെ വൃക്ഷങ്ങളും ഒക്കെ കൃഷ്ണകഥ പറയും ഗോപികകൾ ഉദ്ധവർക്ക് കൃഷ്ണകഥ പറഞ്ഞുകൊടുത്തു ഉദ്ധവർ ഗോപസ്ത്രീകളുടെ ശോകത്തിനെ നീക്കുമാറ് ആത്മവിദ്യയെ ഉപദേശിച്ചു ഇങ്ങനെ പരസ്പരം ഉദ്ധവർ ഗോപികകളുടെ കഥ അവരുടെ ഭക്തി കണ്ടു പറഞ്ഞു അഹോ ഇവരെന്തു ഉയർന്ന സ്ഥിതിയിൽ നേടിയിരിക്കുന്നു ഇവരെന്ത് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്ത് തപസ് ചെയ്തിട്ടുണ്ട് വനചരീഹി കാട്ടാള സ്ത്രീകൾ നാട്ടുകാര് കണ്ടാൽ വ്യഭിചാര ദുഷ്ടാഹ എന്ന് പറയണു അത്രേ സ്വജനം ആര്യപഥം ജഹിത്വ ഭേജേ മുകുന്ദ പദവീം ശ്രുതി പിർവിമൃഗ്യാം ഉപനിഷത്തുകളൊക്കെ അന്വേഷിക്കുന്ന ആ മുകുന്ദ പദവിയെ ഇവർ നേടിയെടുത്തിരിക്കുന്നു വന്ദേ നന്ദവ്യജസ്ത്രീണാം പാതരേണു അഭിക്ഷണശ ഗീതം പുരാദിഭുവനത്രയം ആ നന്ദവ്രജസ്ത്രീകൾ ആ ഗോപസ്ത്രീകളുടെ പാദരേണുക്കളെ ഞാൻ നമസ്കരിക്കുന്നു ഇവരുടെ ഹരികഥാഗാനം മൂന്ന് ലോകങ്ങളെയും പവിത്രമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവൻ വൃന്ദാവനത്തിൽ കുറച്ചു മാസങ്ങൾ താമസിച്ച് തിരിച്ചു ചെന്ന് ഭഗവാന് ഗോപികകളുടെ സന്ദേശം കൊടുത്തു ഇങ്ങനെ കൃഷ്ണഗോപിക ദൂതനായി ഉദ്ധവർ വർദ്ധിച്ചു